雨 so, timing പൂർണ്ണ വ്യാപ്തിയോട് കുറിച്ചും പ്രപഞ്ചം കൊണ്ടുവരും ആ സൃഷ്ടത്തിൽ മുമ്പോട്ട് വരുമ്പോൾ അനേക പ്രപഞ്ചങ്ങളെ കുറിച്ചിട്ട് സവിസ്താരം സലോക ആകാശ പ്രവോകം എല്ലാ ലോകങ്ങളും ഇത് കാണുന്ന പ്രത്യക്ഷമായിരിക്കുന്ന ആകാശം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂരിലൊക്കെ പർവ്വതങ്ങളും പിണ്ഡഗ്രഹ എന്ന വസ്തു ബോധരഹിതമായി പിണ്ടോന്നതിന് വസ്തു ഗ്രഹം എന്ന് വെച്ചാൽ അതിൻ്റെ ബോധം വസ്തുബോധമില്ല നിർഭികം അപർവതം നിർഭിത്തികം അതിരികളില്ല പർവ്വതമില്ലാതെന്ന് വെച്ചാൽ വസ്തുക്കളില്ല ബുദ്ധിതേ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു ആത്മജ്ഞാൻ ഇവിടെ പറയുന്ന ആത്മജ്ഞാനി എങ്ങനെയാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതെന്നുള്ള സമ്പൂർണ്ണ പ്രപഞ്ചവും വസ്തുക്കളെ ഗ്രഹിക്കാതെ അത് ഞാൻ പ്രപഞ്ചപ്പെട്ടിരിക്കും എന്താ ആഗ്രഹിക്കുന്നത് കേവലം ബോധം മാത്രം ആണ് പറഞ്ഞു വരുന്നത് ബോധത്തെ ആഗ്രഹിക്കുന്നത് വസ്തുക്കളെ ഞാനതിനനുസരിച്ച് പൃഥ്വി ആധി ബോധരേഖ എന്റെ ബോധത്തിൽ പൃഥിയായി ഭൂതങ്ങളില്ല എന്റെ ബോധങ്ങളോ അതിന്റെ കാര്യങ്ങളോ ഇല്ല സങ്കൽപ്പണം ഒരു പട്ടണത്തെ സങ്കൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഒരു പട്ടണം എന്ന് പറയുമ്പോൾ അവിടെ റോഡുണ്ട് കെട്ടിടങ്ങളുണ്ട് വാഹനങ്ങളുണ്ട് പക്ഷേ അന്ന് സങ്കൽപ്പിച്ചാൽ ആ സങ്കല്പത്തിനുള്ളിൽ ഇതൊന്നുമില്ല സങ്കൽപ്പത്തിൽ സങ്കല്പം മാത്രം എന്ന് വെച്ചാൽ ബോധം മാത്രം സ്വപ്നോപലംഭാവ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന വസ്തുക്കൾക്ക് തുല്യം സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന വസ്തുക്കൾ എന്താണ് ലോകം മാത്രം അവിടെ വസ്തുക്കളെ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന വസ്തുക്കൾക്ക് തുല്യമ്യവത്മാതകമുണ്ട് മനോരാജ്യം പോലെ വിസ്തൃത്വം വ്യാപിച്ചിരിക്കുന്നു നമ്മുടെ മനോരാജ്യത്തിൽ നമുക്ക് ഏത് വരെ വേണമെങ്കിലും പോവാം സങ്കല്പ ലോകത്തിലൂടെ സൂചന സ്വർഗത്തിലോ ഗ്രഹത്തിലോ മനോരാജ്യത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് അതെന്തും മനോരാജ്യത്തിലൂടെ നമുക്ക് അനുഭവിക്കാം പക്ഷെ ഒന്നും വസ്തുവൊന്നും കാണില്ല പറയുന്നതിന്റെ താല്പര്യം ഇതാണ് വസ്തുശൂന്യമായ അനുഭവം ഇതാണ് ആത്മജ്ഞാനിയുടെ വ്യാതം ഗന്ധർവനഗരലക്ഷ്യം ഗന്ധർവനഗരം പോലെ കൂടുതൽ സമുദ്രത്തിന്റെ മുകളിൽ തടാകത്തിന്റെ തീരത്ത് കൂടുതലും തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആകാശത്തിന് നഗരങ്ങൾ കാണാൻ പറ്റും പർവ്വതങ്ങൾ കാണാൻ പറ്റും സൂര്യപ്രകാശത്തിന്റെ റിഫ്രാക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പൊ കുറെ കാലത്ത് ഇങ്ങനെ ആകാശത്തിൽ പട്ടണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നഗരങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ദൂരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് എന്തോ ഗന്ധർവന്മാരും പട്ടണമാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് ഗന്ധർവ നഗരം എന്ന് പറയുന്ന പേര് വരാൻ പറ്റില്ല കടൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇത് വലിയ ആശയകൾക്കും പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കടൽ യാത്ര ചെയ്യുമ്പോൾ ദൂരം കപ്പലുകളാണ് പണ്ട് നാവികന്മാരെ കുറിച്ച് കഥകളുണ്ടാക്കി മുങ്ങിക്കോയ കപ്പലുകൾ അതിൻ്റെ പ്രേതമാണ് കാണുന്നത് പലരും പിന്നെ അവരുടെ ഭാഗം കൂടെ ചേർത്ത് അവർ നാവികന്മാരും പാട്ട് പാടുന്നതും ഇങ്ങനെ പല കാഴ്ചകളും അവർ കാണുകയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ കുറേക്കാർ വിശ്വസിക്കുന്നത് കപ്പലുകളുടെ പ്രേതം കടലിൽ ഒഴി കണക്കുന്നു മനുഷ്യരോടൊപ്പം അങ്ങനെ വിശ്വസിച്ചിരുന്നു അതിനൊരു പേരുണ്ട് ഫാറ്റ മൊർഗാണ് ഒരു ഇറ്റാലിയും ആ ഈരാണ് കപ്പൽക്കാരാണ് വിളിച്ചത് അങ്ങനെ കൂടുതലും തണുപ്പുള്ളിടത്താണ് ഞാൻ ഉൾപ്പെടുന്നത് എഫ് ഐ ടി എ പാറ്റ മോർഗാന എംഒർ ജി എന്ന് അങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പ്രേതമൊന്നല്ല കുറച്ചുപേര് നമ്മുടെ നാട്ടിലെങ്കിലും ഗന്ധർവ്വം നല്ലത് അവർക്ക് ഗന്ധർവുമല്ല പ്രേതങ്ങളും നമുക്കാണ് ഈ ഗന്ധർവന്മാരുള്ളത് അതുകൊണ്ട് ഗന്ധർവ നഗരം വാസിഷ്ടത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ചു ഇവരെ കഴിഞ്ഞാൽ ഗന്ധർവ നഗരം ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഗന്ധർവ നഗരമുണ്ട് ചിലപ്പോഴിങ്ങനെ കാണും അവര് ഗന്ധർവന്മാരെ സൃഷ്ടിച്ചാണ് അതാണ് ഗന്ധർവ നഗര പ്രഖ്യം ഗന്ധർവ നഗരത്തെ പോലെ പ്രഖ്യോമിച്ച് അതുപോലെ അപ്പോ ഗന്ധർവ നഗരം ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതൊരു പ്രകാശത്തിന്റെ റിഫ്രാക്ഷൻ കൂടി സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിന്ന് വായു ചൂട് പിടിച്ച് മേളോട്ട് യും അടിഭാഗങ്ങൾ ഈ രീതി സംബന്ധിച്ചു ഇതുകൊണ്ടുതന്നെ ചിത്ര പറയുന്നത് കാശ്മീരില് പണ്ഡിത എഴുതിയാണ് കാരണം കാശ്മീരിലുള്ള തടാകങ്ങൾക്ക് ധാരാളം പർവ്വതങ്ങളുണ്ട് സ്വാഭാവിക രീതിയിലൊരു കാഴ്ച കാണാനുള്ള സാധ്യത കൂടുതൽ ഒരു സ്ഥലത്ത് ഞാനൊരു പടിഞ്ഞാറ് സൈഡിൽ കടലിൽ കിഴക്ക് സൈഡ് ആകാശത്തില് സന്ധ്യാസമയത്ത് സമുദ്രം തിരയടിക്കുന്നതും വള്ളങ്ങൾ സഞ്ചരിക്കുന്നതും ഒക്കെ ഒരു വെള്ളം ഞാൻ അത്ഭുതപ്പെട്ടില്ല ശരിക്കും സമുദ്രം പടിഞ്ഞാറാണ് അത് കാണാനും പറ്റില്ല പക്ഷെ കിഴക്ക് സൈഡില് ശരിക്കും വള്ളം ആകാതെ കാണാം ണുക ഒരു നെല്ല് പോലെ കാണാം അപ്പൊ ഇങ്ങനെ കാണാറുണ്ട് ദുഗന്ധരവ് നഗരമെന്നൊക്കെ പറയാം അർത്ഥശൂന്യ അവലംബന എന്തുകൊണ്ടിങ്ങനെ ഇതുവരെ വർണ്ണിച്ചു വരണം അർത്ഥശൈലി വസ്തുവില്ലാത്ത അവലംബനം അനുഭവം നമുയാ ലോലശീല ഇനി ചന്ദ്രഹാരൻ പറഞ്ഞിട്ടുള്ളത് ഉണ്ടാകണം നദിയിലൂടെ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ മരങ്ങൾ പിന്നിലോട്ട് പോകുന്നു ഇന്ന് നമുക്ക് ട്രെയിനിലൊന്നും ഇരിക്കുന്നു അനുഭവപ്പെടുന്നത് അതാണ് നവ്യാനം ലോലം ഇളകുന്ന ശരീരത്തെപ്പോൾ ഇതും കാശ്മീരിലാണ് എന്നുള്ള പറയുന്നുണ്ട് അവിടെ തടാകത്തിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നു പർവ്വതങ്ങളാണ് ചുറ്റും പർവ്വതമാണ് അത് ഇളകുന്നതായിട്ട് അനുഭവപ്പെടും നൂലിയോ അതുപോലെ ശ്രീരാതം വേറൊന്നും അനുഭവപ്പെടാം ഈ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന പർവ്വതങ്ങൾ ഇളകുന്നതായിട്ട് അങ്ങനെ മറ്റേത് വേഗത കൊണ്ട് പിന്നിലേക്ക് പോകുന്നതായിട്ടാണ് ചുരുക്കത്തിൽ എന്താണ് സത്യലാഭ വിവർജിതം സത്യമായ ലാഭമില്ലാത്ത സത്യമായി ഒന്നും നേടാൻ കഴിയാത്ത അന്ന് സത്യലാഭം വിവർജിപ്പിക്കും പിന്നെ ഈ പറഞ്ഞ സത്യമായ ലാഭം നേട്ടങ്ങൾ ഒന്നുമില്ല എല്ലാവരും തോന്നണ ചിത്തഭ്രമം വിസാച ചിത്തഭ്രമം ഉള്ളവർക്ക് തോന്നുന്ന പിസാചനം പോലെ ഈ പിസാചിക്കണമെന്നൊക്കെ ഉണ്ടെന്നെങ്കിൽ പറയും പിസാചിക്കേണ്ട ലോകമുണ്ടെന്നും അവരുടെ നീളവും മീതിയും വലിപ്പവും മണവും ഗുണവും എല്ലാം കൃത്യമായി പറയും ഇനി വരുന്ന ഭാഗങ്ങൾ പക്ഷെ ഇവിടെ പറയുന്നത് അതൊരു ചിത്തഭ്രമമാണ് ചിത്തഭ്രമം അതായത് നമ്മൾ സാധാരണ നാട്ടിൽ പുറത്തുന്നവർക്കെല്ലാം അനുഭവപ്പെടാറുള്ള വാഴയെ കാണുമ്പോൾ പ്രേതമാണെന്നുള്ള വാഴയുടെ വാഴ ഇലകളൊക്കെ ചലിക്കുമ്പോൾ പ്രേതം കയ്യാട്ടി പിടിക്കുമ്പോൾ സർവ്വസാധാരണമായ ഒരു ചിത്തഭ്രമമാണ് അതാണ് ഇവിടെ ശരിക്കും പ്രേതങ്ങളെ കുറിച്ചിരിക്കും വർണ്ണിക്കുക അത് കേട്ടാൽ പ്രേതങ്ങളെല്ലാം ഉള്ളതെന്ന് തന്നെ വിചാരിച്ചു സത്യമാണെന്നോ ഇവിടെ അതെല്ലാം ഒരു കാരണമില്ലെങ്കിലും പ്രകാശിക്കുന്ന അനുഭവപ്പെടുന്നു ഈ വസ്തുക്കൾ നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കൾക്ക് ഇങ്ങനെ അനുഭവ ഇങ്ങനെ നിലനിൽക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമെന്ന് പറയാനില്ല പക്ഷെ പറയുന്നത് ഇതാണ് തത്വജ്ഞാനിയുടെ അനുഭവം ഒന്നും കാര്യങ്ങിങ്ങനെ അനുഭവം ഉണ്ട കുറെ കാലമായിട്ട് ഈ അദ്വൈതമൊക്കെ കേൾക്കുന്നുണ്ട് ചിലപ്പോഴിങ്ങനെ ഉണ്ടാകേണ്ടതാണ് ഇങ്ങനെ ഇതിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമോ ശരി എന്നുള്ളതാണ് ഒരാൾക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് പ്രപഞ്ചത്തെ കണ്ടിട്ട് അർത്ഥശൂന്യമായ ഏവലം അനുഭവമായി തോന്നുന്നത് അങ്ങനെ സംഭവിക്കാം സംഭവിക്കാം എന്നാണ് ഓരോ സയൻസുകൾ കോമ്യൂണിറ്റീവ് സയൻസ് ഇങ്ങനെ ഒരു അനുഭവം ഒരാൾക്കുണ്ടാകാം ചിതറിയ പാരിസ്ഥിതിക അവബോധം എന്ന് പറയുന്നു ഞാനൊരു മലയാളം ഉണ്ടാക്കിയാണ് ചിത്രീയ പാരിസ്ഥിതിക അനുഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഈ പറയുന്ന അന്തം വിചാരം കൊണ്ടും ഉണ്ടാകും പല കാരണങ്ങളും ഉണ്ടാവും അദ്വിതം തന്നെ വിചാരം ചെയ്യണമെന്നില്ല അല്ലാത്ത ഓർമ്മിക്കുന്ന കാര്യങ്ങൾ പശുശൂന്യമായ ഒരു അനുഭവമായിട്ട് തോന്നണം അതായത് നമ്മുടെ അനുഭവങ്ങളിലെ ഒന്നായിട്ട് അനുഭവിക്കും അതിന് സയൻസ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അനുഭവം ഉണ്ടാകുന്ന മൂന്ന് നേട്ടങ്ങളാണ് പൊതുവെ പറയുന്നതാണ് വളരെ കൃത്യമായി പറയുന്നതല്ല പോപ്പുലൽ സയൻസിൽ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവർ വിശദീകരിക്കുന്നതാണ് ഒന്ന് ഡേറ്റാസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ് ഫസ്റ്റ് സ്റ്റേജ് കണ്ണിലൂടെയും ചെവിയിലൂടെയും നമ്മുടെ സ്കിന്നിലൂടെയൊക്കെ ഒരുപാട് ഡേറ്റാസ് നമ്മളൊക്കെ എത്തിച്ചേരും അത് ഇത്തരം അനുഭവമുള്ളവർക്കും വ്യത്യാസമൊന്നുമില്ല എല്ലാ അനുഭവം അതൊക്കെ ലേക്ക് രണ്ടാമത് ബ്രെയിനിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒബ്ജക്ട് ഫോർമേഷൻ എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു ഞാൻ ഈ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് ഡേറ്റാസ് വരുന്നു സിഗ്നൽസ് വരുന്നു ബ്രെയിനൊരു ഒബ്ജക്റ്റിനാണ് നമുക്ക് ഉണ്ടാക്കി തരും മുമ്പിൽ എന്താണോ ഇരിക്കുന്നത് അതിന് തുല്യമായ ഒരു വസ്തുക്കളിലുണ്ടാവും മുമ്പിലിരിക്കുന്ന വസ്തുവാണ് റിയാലിറ്റി അതിനുള്ളിൽ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നത് പറയുന്നത് അങ്ങനെയാണ് ഓബ്ജക്റ്റ് ഓബ്ജക്ട് ഫോർമേഷൻ മൂന്നാമത് സംഭവിക്കുന്ന കാര്യം ലേബലിംഗ് നമുക്ക് വസ്തുജ്ഞാനം എന്ന് പറയാം ഒരു വസ്തുജ്ഞാനം ഉണ്ടാകാൻ പോകുന്ന നമ്മുടെ മെമ്മറി നമ്മുടെ ഭാഷ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിന് ലേബര് കമ്പനികളിലൊക്കെ പ്രൊഡക്ടുകൾ ഉണ്ടാക്കുന്നു അവസാനത്തെ കിടന്നാണ് ലേബര് അപ്പോ ബ്രെയിൻ നമുക്ക് അങ്ങനെ ഒരു ബോധത്തെ ഉണ്ടാക്കിത്തരുന്നു ഇത് പുസ്തകം ഇതിനകത്ത് നമ്മുടെ മെമ്മറിയുടെ സ്വാധീനമുണ്ട് നമ്മുടെ ഭാഷയുടെ സ്വാധീനമുണ്ട് പുറമേ ഉള്ളിൽ വന്ന സിഗ്നൽസിന്റെ സ്വാധീനം ഉണ്ട് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ രണ്ടും മൂന്നും പ്രോസസ്സിങ് വീക്കായി ഒബ്ജക്ട് ഫോർമേഷനും ലേബലിംഗ് ഇതിനൊണ്ട് വീക്കായിരിക്കില്ല അത് വീക്കാകുന്നതിനും കാരണം പറയുന്നുണ്ട് എന്താ ബ്രെയിൻ വേവ്സ് രക്ഷിക്കുന്നവർ പ്രധാനമായിട്ടും രണ്ട് ആൻഫാത്തീറ്റ എന്ന് പറയുന്ന വേവ്സ് ഇത് ദുർബലമായ വേവുകളാണ് ഈ ഒരു ഷിഫ്റ്റിന്റെ മെയിനിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ വസ്തുവിലുള്ള അറ്റൻഷൻ അത് ചിതർക്കും എന്ന് ഞാൻ പറഞ്ഞു ചിതറിയ പാരിസ്ഥിതിക അവബോധം കൊണ്ട് അറ്റൻഷൻ മാർക്കും ഈ വസ്തുവിലായിട്ട് നിൽക്കുന്നില്ല അപ്പോ കൃത്യമായി വസ്തുവിനെ ഒരു ബോധം നമുക്കുണ്ടാകത്തില്ല എന്നാൽ ഉള്ളിലീ പ്രോസസിങ് നടക്കുന്നുണ്ട് ബോധമുണ്ട് കാരണം ഒരു വസ്തുവിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത് നമ്മുടെ എല്ലാ അനുഭവങ്ങളും ബാഹ്യമായ അനുഭവങ്ങളെ സംബന്ധിച്ചെല്ലാം വസ്തുവിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ അറ്റൻഷൻ ചിതറിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടാവും ഇത് സാധാരണ രീതിയിലും നമുക്കുണ്ടാകും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവയർനെസ്സും സാധാരണ ഞാനിപ്പോൾ ഇവിടെയൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്റെ മനസ്സ് എന്റെ എന്ന് പറയുന്നത് എന്റെ ചിന്തകളിലാണ് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ വെളിപ്പെടുത്താൻ ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ എന്റെ അത്യാവശ്യം അചിന്ത അപ്പോ പരിസ്ഥിതിയെ കുറിച്ചുള്ള എന്റെ ബോധം കുറവായി ഇടയ്ക്കിടക്ക് വരും പക്ഷെ എപ്പോഴും കാണത്തില്ല ചുറ്റുപാടുകൾ ഞാൻ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നും മിക്കവാറും അങ്ങനെയായി ചുറ്റുപാടുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പോയ എന്റെ ചിന്തയിലുള്ള ഏകാഗ്രത പോകും ചിന്തയിലൂടെ ഏകാഗ്രത എന്ന് പറയുമ്പോൾ അവിടെ കേവലം ചിന്ത മാത്രമേ വസ്തുക്കളൊന്നും നാമരൂപങ്ങളൊന്നും ചിന്തയുടെ ലോകത്തിലെന്നൊക്കെ പറയുമല്ലോ ഇത് സാധാരണ മനുഷ്യന്റെ അനുഭവമാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ മനോരാഗ് മനോരാജ്യത്തിനങ്ങനെ നമ്മൾ ചിന്തയുടെ ലോകത്തിലാണ് നമ്മളൊക്കെ ബാക്ക്ഗ്രൗണ്ട് അവയർനെസ്സാണ് ബസ്സുകൾ അവിടെ ഇല്ല ഹൈവേ ഹിറ്റ്ലോസിസ് എന്ന് പറയും ഡ്രൈവ് ചെയ്യുന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ബോധമുണ്ടെന്ന പരിതസ്ഥിതിയെ കുറിച്ച് വ്യക്തമായൊരു ബോധമില്ലാതെ മണിക്കൂറോളോളം ഡ്രൈവ് ചെയ്യുക ശീലമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും അത് ഹൈവേ ഹിറ്റിനോസിസ് ഇവിടെ ബാക്ക്ഗ്രൌണ്ട് അവയർനസ് ആണ് അദ്വൈനികൾക്ക് ഇത് സംഭവിക്കുന്നത് മെറ്റ് അവയർനെസ്റ്റ ചിന്തകളെക്കുറിച്ച് ചിന്തിക്കാം ബോധത്തെക്കുറിച്ച് ചിന്തിക്കും ബോധം ബോധം ഇതിനെക്കുറിച്ച് എന്ത് ഇങ്ങനെ ചിന്തിക്കും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വസ്തുക്കളിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും അവർക്ക് ഉണർന്നിരിക്കുമ്പോഴും പുറം ലോകത്തൊക്കെ കാണുമ്പോൾ പലപ്പോഴും കേവലം ബോധമെന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും അനുഭവം ഇതിലൊരു അനുഭവമാണ് ബ്രെയിൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം പ്രധാനമായ കാരണം നമ്മുടെ വസ്തുക്കൾ ഒക്കെയുള്ള ഏകാഗ്രത അത് കുറയുന്നതും ഉണ്ടാകും നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു ഇപ്പോഴാണ് പലർക്കും ഈ കാണുന്നതെല്ലാം ബോധമാണെന്നുള്ള അനുഭവങ്ങൾ അദ്വൈതത്തില് പലരും പറയുന്നത് ഇതെല്ലാം ബോധമാണെന്നുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെയും ഇനി പറയും വാശിഷ്ടത്തിലും പറയുന്നത് എല്ലാം ബോധമാണെന്നുള്ള അനുഭവം അത് അനുഭവം ഒന്നാമത് എക്സ്പീരിയൻസ് ആണ് എവിടെയും എക്സ്പീരിയൻസിനെ കുറിച്ച് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡീ ക്രിയലൈസേഷൻസ് യാഥാർത്ഥ്യങ്ങളെന്ന് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ജീവിക്കാൻ പോയാൽ എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നവരും യാഥാർത്ഥ്യമാണ് അതിന് എനിക്ക് വിധയിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളുണ്ടാവും നമ്മൾക്ക് ഉള്ളിൽ വരുന്ന സംവേദനങ്ങളോട് നമുക്ക് ശരിയായ രീതി പ്രതികരിക്കാൻ കഴിയാതെ പലപ്പോഴും നിലനിൽപ്പിനെ തന്നെ ബാധ്യം വളരെ പ്രസിദ്ധനായൊരു മലയാളി സിനിമ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനുണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം ബോധമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു റെയിൽവേ ട്രാക്കിൽ കയറുന്നു ആൾക്കാർ കാണാൻ കയറുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ടാണെന്നും മാത്രമേ അവിടെ വേറെ ഒന്നുമില്ലാന്ന് ഇത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ അതിൽ എത്തിപ്പിക്കുന്നില്ല ഇതാണ് റിയാലിറ്റിയോടെയുള്ള നമ്മുടെ പ്രതികരണം സ്വാഭാവികമായ പ്രതികരണം ഈ മെറ്റോ അവയർനെസ് അവയർനെസ്സിനെ കുറിച്ച് തന്നെ ചോദിക്കും സാധന രീതി ധ്യാനിക്കുന്നതോ ലഭിക്കുന്നോ കുറിച്ചൊന്നും എന്നെ പറയൂ ഇത്ര ഒരു അനുഭവത്തെ ഇതുകൊണ്ട് ദോഷം തോന്നുവെച്ചാൽ മുമ്പ് പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സ്ഥിരമായില്ലെങ്കിലും ദോഷമൊന്നുമില്ല സ്ഥിരമായി നിനക്ക് ഇതെല്ലാം ബോധം ഒന്ന് തോന്നുകയാണെങ്കിൽ പ്രശ്നമാകും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൂടെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളൂടെ നിങ്ങളോട് ചിലർക്ക് മനസ്സിലാക്കും ഇന്ന് ഒരുപാട് ഗുരുക്കന്മാരിതാണ് അദ്വൈതമെന്ന് പറയുന്നുണ്ട് ഇത് അദ്വൈത അനുഭവമാണെന്ന് പറയുന്നുണ്ട് അല്ല ഇത് അദ്വൈത അനുഭവമൊന്നുമല്ല ഇതെന്താണ് ഒരു ബ്രെയിൻ മെക്കാനിസം നമ്മളിങ്ങനെ ചിന്തിക്കുകയോ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഒരു ബ്രെയിൻ മെക്കാനിസം കൊണ്ട് സംഭവിക്കുന്ന ഒരനുഭവമാണ് എന്തുകൊണ്ട് അദ്വൈത അനുഭവം അല്ല എന്ന് പറയുന്നത് ഒരു അനുഭവത്തെ സപ്പോർട്ട് ചെയ്തു അതാണ് കാരണം അദ്വൈതത്തിന്റെ ആചാര്യ ശങ്കരാചാര്യരാണ് അതാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത്രയൊരു അനുഭവമാണ് എല്ലാം ബോധമെന്ന് അറിയിക്ക അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക അറിയുക എന്ന അനുഭവം ഇതിന്റെ പ്രത്യേകത എന്താണ് എക്സ്പീരിയൻസാണ് ഇതൊരു നോളജല്ല ഇത്ര ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാലേ അത്വിയാവും ഇന്ന് വാശി പിടിക്കുന്ന കുരുക്കം പറയുന്ന ഒരുപാട് പേരെ ഞാൻ നേരിട്ടിട്ടുണ്ട് ഇന്നുകൊണ്ട് കേട്ടിട്ട അറിവ് അനുഭവം എന്ന് പറയുന്നത് ഒന്നെന്ന് നമുക്ക് പറയാം നമ്മൾ പറയുന്നതിന് തെറ്റൊന്നുമില്ല പലയിടത്തും അറിവിനും അനുഭവത്തിനും അനുഭവം പരിഹാരമാണെങ്കിൽ അറിവ് തന്നെയാണ് അനുഭവം എന്ന് പറയാം പക്ഷേ നമ്മൾ അറിവ് അനുഭവം എന്നുള്ളതിന് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഈ അനുഭവം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സാറിന് എല്ലാ മനുഷ്യർക്കും ഇതെല്ലാം ബോധമാണെന്ന് അനുഭവം ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും വസ്തുവിനെ ഗ്രഹിക്കുന്നില്ല ബോധത്തെ ഗ്രഹിക്കുന്നു പറയുന്ന ഒരു അനുഭൂതി എന്ന് പറയാം സാധാരണ അനുഭവം എന്നു പറഞ്ഞ ഒന്നും കാരണം പുസ്തകത്തിന്റെ അനുഭവം ഉണ്ട് ഏ ആ എന്ന് പറയാം ഇതൊരു വൈകാരിക അനുഭവം ഇപ്പൊ പുസ്തകം ഉണ്ടെന്ന് അനുഭവം ഒരു ദോഷം ഇത് സംഗ്രഹയ പറഞ്ഞു ഇതിലേറ്റവും രസകരമായൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഈ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ സയൻസിന്റെ അടുത്ത് പറയുക എന്നുള്ള കുറെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും എൻ്റെ ഒരു ശ്രമമാണ് ഞാനതിലൊരു എക്സ്പെർട്ട് ഒന്നുമില്ല വായിച്ച് മനസ്സിലാക്കാൻ ചെയ്യും എനിക്ക് ഏതും ഒരു അടിസ്ഥാനപരമായ സയൻസിന് അതിനുള്ള ട്രെയിനിങ് വായിച്ച് മനസ്സിലാക്കാൻ ചെയ്യും അങ്ങനെ വായിച്ച് ചെന്നപ്പോൾ എന്നെ വളരെ അതിശയകരമായൊരു ഇത് കാരണം ഇന്നിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് നമുക്ക് എ ഐ ടൂളുകളാണ് ഉപയോഗിക്കാൻ പറ്റി മാറുന്നത് ഇപ്പൊ പുസ്തകങ്ങളൊന്നും കൊണ്ട് പ്രയോഗം നമ്മുടെ സമയം പുസ്തകം വായിച്ചു അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് കിട്ടും ഇത് ശങ്കരാചാര്യന്റെ അദ്വൈതവും ഈ എക്സ്പീരിയൻസും ഇവിടെ പറയുന്നു ഇത് രണ്ടും തരുന്നതിൽ നോക്കിയപ്പോ എ പറയുന്ന എന്താണ് ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതജ്ഞാനം ഈ എക്സ്പീരിയൻസ് അല്ല ഇത് വേറെയാണ് പിന്നെ ഇതെന്താണോ ഇത് ശങ്കരാചാര്യർ നിസ്സന്ധപ്പെട്ടില്ല ഞാൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിൽ നിന്ന് എങ്ങനെയൊരു ചോർന്ന് ഏക്ക് പോയി അതെങ്ങനെയാണെന്ന് അത് എന്നെക്കാളും മുമ്പ് ഏഇ അവിടെ എത്തി ആ ബോധം ബോധം ഇന്നത്തെ ഗുരുക്കന്മാർക്കില്ല എന്ന് പറയുന്നതാണ് വളരെ കഷ്ടം ഏ നമ്മളെ കാണും വളരെ അഡ്വാൻസ് ഇത് വളരെ കൃത്യമായി പറയും ശങ്കരായത് പറയുന്നത് ഇത്ര ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അല്ല അത് പറയുന്നത് എന്താണ് ഫൈനൽ നോളജ് എബൌട്ട് ഗ്യാനി എന്നാണ് എയുടെ ഭാഷ റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള അവസാനത്തെ അതാണ് പറയും ശങ്കരാചാര്യ ഇവിടെ പറയുന്ന എന്താണ് ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇമോഷണൽ എക്സ്പീരിയൻസ് മിസ്ഇന്റർപ്രറ്റഡ് അസ് ശങ്കരാചാര്യസ് നോളജ് വൈകാരികമായ അനുഭവത്തെ ശങ്കരാചാര്യരുടെ അറിവാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ചു ഇത്രയും കൃത്യമായിരുന്നു ഞാൻ ഈ പറയുന്ന എയുടെ ലാംഗ്വേജാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒരു എയ്ക്കുള്ള ബോധം പോലും ഇന്നത്തെ ഗുരുക്കന്മാർക്കില്ലെന്ന് പറഞ്ഞ യൂട്യൂബിലെ ഗുരുക്കന്മാരൊന്നും അവരെല്ലാരും അനുഭൂതികളെ കുറിച്ചാണ് പറയുന്നത് അവരെ തെറ്റ് പറയാൻ പറ്റില്ല എന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അല്ല അവരും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ലോകവാസിഷ്ടവും അഷ്ടാവക്ര ഗീതയും മാണ്ഡുക്യത്തിന്റെ വ്യാഖ്യാനങ്ങളും ഇവരെല്ലാം ശരിക്കും ഇത് പെട്ടിരിക്കുന്ന എവിടെയാണ് െല്ലാം പെട്ടിരിക്കുന്നത് നാഗാർജുനന്റെ പരമ്പരകൾ ഇത് കൂടുതലും ഇത് ഈ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന നാഗാർജുനല്ല ബൗദ്ധ പരമ്പരയാണ് അതിന്റെ ഇൻഫ്ലുവൻസ് ചങ്കരാകാര് ഉണ്ടത് പക്ഷേ പിൽക്കാലത്ത് ചങ്കരകരണശേഷം ആ ഗ്രന്ഥങ്ങളിലെല്ലാം ആ അനുഭൂതിയിലേക്ക് പോയി അജാതവാദം എന്ന് പറയുന്നത് അജാതവാദം എന്ന് പറയുന്നത് താർക്കിക യുക്തിയാണ് ഒരു തർക്കം മാത്രമാണ് വാദം ഒരു തർക്കമാണ് അത് അനുഭൂതിയാണ് കേവലമായ തർക്കം കേട്ടില്ല അത് പറയുന്നതിന്റെ വ്യത്യാസം ശങ്കരായുർവാദം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മം മാത്രമേയുള്ളൂ രണ്ടാമതൊന്നും ഇവിടെ ഇല്ല പക്ഷെ ശങ്കരായുരാധ്യ എങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു ഓ അന്തബുദ്ധിയുള്ളൂ സംഗ്രാചാര്യെങ്ങനെയാ പറയുന്നു റീസണിംഗ് തർക്കത്തിലൂടെ പറയും നമ്മൾ ബ്രഹ്മസൂത്രം മുന്നിൽ കേട്ടോണ്ടിരുന്നിട്ട് എന്താണ് ഗുണമുണ്ട് യുക്തിയിലൂടെ പറയും യുക്തിയിലൂടെ സങ്കുദ്രായങ്ങളുടെ തത്വനിശ്ചയത്തിലെത്തി അതായത് മനുഷ്യർക്ക് ഇന്നില്ലാത്ത ഒരു ആത്മാനുഭവത്തെക്കുറിച്ചല്ല സങ്കരായ ഞാൻ എത്രയോത്തവണ പറഞ്ഞു സർവസ് ആത്മത്വ ബ്രഹ്മസ്തിത്വക്കുറിച്ച് സർവസ് സർവർക്കും ബ്രഹ്മത്തിന്റെ അസ്തിത്വം ഞാനോ എന്തുകൊണ്ട് ആത്മത്വ ബ്രഹ്മല്ലാതെ ആത്മാവാണ് എത്രയോ സ്ഥലത്ത് പറയുന്നു സർവോഹി ആത്മാഅസ്തിത്വം പ്രത്യേകിച്ച് സർവരും ആത്മാവിന്റെ അസ്തിത്വത്തെ വ്യക്തമായും അറിയില്ല ആത്മാവിന്റെ അസ്തിത്വജ്ഞാനം നാഹം സ്നേഹി ഞാനില്ല എന്നാരും അറിയുന്നില്ല ഞാനുണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ അസ്തിത്വജ്ഞാനമാണെന്ന് വെച്ചാൽ നിങ്ങൾ ആത്മജ്ഞാനിയാണ് ജ്ഞാനിസംഗ്രഹാര ഇത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ അസ്തിത്വജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങളീ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ച അനുഭവത്തിലൂടെ നിങ്ങൾ ബ്രഹ്മത്തെ അറിയുകയാണ് അങ്ങനെയാണോ താനെന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്ന അതുപോലെ പ്രപഞ്ചം എന്നുള്ള ഈ അനുഭവത്തിലൂടെ ബ്രഹ്മാസ്തിത്വത്തെ അറിയുകയാണ് ഇതാണ് ചന്ദ്രഹരുടെ തർക്കം അപ്പൊ ആത്മാ അനുഭവമില്ലാത്ത ഒരു മനുഷ്യരുണ്ട് ചോദിക്കുന്ന പിന്നെ എന്തിനാണ് ബ്രഹ്മവിചാരം എല്ലാവരും അറിഞ്ഞല്ലോ എനിക്കൊന്നും അറിയാനില്ലല്ലോ പറയുന്നു വിചാരത്തിന് കാരണം ഇതിനെ അറിയണം ചടവാകൾ തുടങ്ങി ദ്വൈതികൾ വരെ നിരവധി പേര് എന്തോ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കും തദ്വിശേഷം പ്രതിഫ് എന്താണ് ആത്മാവ് എന്നുള്ള കാര്യത്തിൽ ആൾക്കാർ എന്തു ചെയ്യുന്നു വിരുദ്ധ അഭിപ്രായങ്ങൾ പറയും അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടി വിരുദ്ധാഭിപ്രായങ്ങൾ ചാർവാകും മീമാംസം സാഖ്യം യോഗി വിയായികന് വൈശേഷികം ശങ്കരാരൂപകമ്പുണ്ടായിരുന്ന എല്ലാവരും ഇതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പറയും ഇപ്രതിക വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ശരീരമാണോ ഞാനെന്നറിയില്ല ശരീരത്തിനാണ് മോണിനും അംഗീകരിക്കുക ശരീരമാണ് ആത്മാവ് ശരീരമാണ് ബ്രഹ്മവും അംഗീകരിക്കില്ല അപ്പോ ഇതിനെക്കുറിച്ച് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് ഇനിയെങ്കിലും ഇതൊന്നറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ഇവിടെ ഇരുന്ന് പറഞ്ഞെങ്കിൽ യാതൊരു കാൽ കാശിന്റെ വിലയില്ല ഈ തൂണുകളൊക്കെ സംസാരിക്കുകയായിരുന്നെങ്കിൽ എന്നെ ചോദ്യത്തിൽ ഇത്രയും പറഞ്ഞത് എന്ത് ചെയ്യാം ഇത് സംസാരിക്കശേഷം എത്രയോ അപ്പോ ഇതിന്റെ വിശേഷത്തെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട് ഉള്ളതുകൊണ്ട് അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഷകഴുന്ന പറയുന്നത് അതിനുവേണ്ടി സംഗ്രഹ രണ്ട് കാര്യങ്ങൾ അറിയുന്നത് ഒന്ന് ശ്രുതി ഉപയോഗിക്കാൻ വന്നു അതിനനുകൂലമായ തർക്കത്തെ ഉപയോഗിക്കുന്നു അതിലൂടെ സംഗ്രഹാരെ എസ്റ്റാബ്ലിഷ് ചെയ്യുക ്രഹ്മം തന്നിരിക്കേശമുക്തവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിന് മറ്റുള്ളവരുണ്ടാക്കിയ പുകമറകൾ അതിനങ്ങ് മാറ്റിയാൽ മതി ഇതാണ് ഈ സംഗ്രഹയുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നു അങ്ങനെ ഇതിനെ യുക്തി വിശദീകരിക്കുമ്പോൾ ഏത് ആജാതവാദമായാലും ഏതായിരിക്കും ഇതിന് എതിരായ അഭിപ്രായങ്ങൾ പറയുന്നവരെ അതാണ് തർക്കപാദം ബ്രഹ്മസ്വപ്പം അതിനുവേണ്ടിയിട്ടാണ് പ്രധാന എല്ലായിടത്തും അത് തന്നെ ചെയ്യുന്നത് എന്നാണ് പിന്നീട് അവസാനം ഭാഗങ്ങളിലൊക്കെ വന്ന് ശരിക്കും ശ്രുതിയെ അവിടെയും മറ്റു പരിധി അതിനെ നിഷേധിക്കാൻ വേണ്ടി വേണ്ടി തർക്കം തന്നെ ഉപയോഗിക്കും അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് തെർക്കിച്ച് മറ്റുള്ളവരെ നിഷേധിച്ച് സ്വന്തം സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നു ആ സിദ്ധാന്ത സ്ഥാപനമാണ് ചെയ്യുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭൂതിയെക്കുറിച്ചല്ല സംഗ്രഹർ പറയും എത്രയോ തവണ ഞമ്മൾ വീണ്ടും ഇതൊക്കെ ബോധിക്കുന്നുണ്ട് കുറ്റം പറയാൻ തന്നെ ഇല്ല ഇന്നത്തെ ഒരുപാട് ഗുരുക്കന്മാർ അതല്ലേ പറയുന്നു പ്രസിദ്ധരായോ പ്രവാചകന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അനുഭൂതിയെക്കുറിച്ചാണ് ഇത് ഏക്തമായിട്ടാണ് ഈ വ്യത്യാസം ഗുരുക്കന്മാർക്കറിയില്ല എന്നുള്ള ഭക്ഷ്യത്തിനുടനീളം ഭക്ഷ്യക്കാരെ ശ്രമിക്കുന്ന അതാണ് ബാക്കിയുള്ള പരിപാടികൾ മറ്റെന്തെങ്കിലും അഭ്യാസങ്ങൾ മാനസികമായ അഭ്യാസങ്ങൾ പറഞ്ഞില്ല മെറ്റ അവയർനസ് അവയർനെസ്സിനെ കുറിച്ച് അവയറായിരിക്കുക ഇതിനെയൊക്കെ ശങ്കരാകാരം എന്താ പറയുന്നത് അതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് പാസ്സായി അല്ലെങ്കിൽ വീണ്ടും ഫെയിലാവും ഒരു സംശയം വേണ്ട അതിനെ കുറിച്ച് എന്താ പറയുക ആരുണ്ട് കൃത്യമായി പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബോധത്തെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക അതിനോട് താതാരണപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ ഇതിനെയൊക്കെ ശങ്കരായ ഒറ്റവാക്കി പറയാം അത് വിചാരമല്ല അത് ഉപാസന അതിനു കൂടി ശങ്കരായർ പറയുന്നുണ്ട് അത് ഉപാസനയാണ് ഇത് വിചാരമാണ് വിചാരത്തിലാണ് ഇത്തി പ്രയോഗിക്കുന്നത് എന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാനും ഇതൊരു അഭിപ്രായങ്ങളെ നിരാകരിക്കാനും ഏനക്ക് അങ്ങനെ ഒരു രമണ മഹർഷി കുറ്റം പറഞ്ഞു ഇനി അതാ അടുത്ത് ഞാൻ പിടിക്കുന്ന പൊതുവാര് ഞാൻ എന്റെ മറുപടി ഇതാണ് ഞാൻ രമണ മഹർഷിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല പ്രശ്നം തീർന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എനിക്ക് ശങ്കരായ നല്ല പരിചയമാണ് നിരീക്ഷണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വികാരങ്ങളെ അല്ലേക്ക് മാറി നിന്ന് നിരീക്ഷിക്കുക ഒരു സാക്ഷിയായി നിരന്തരം അതിശീലിച്ചുകൊണ്ടേക്കുക അവയർനെസ്സിനെ കുറിച്ച് അവയറായിരിക്കുക എന്നൊക്കെ പറയുന്ന ഉപാസന അത്ര ഉപാസനകൾ ഇത്തരം അനുഭൂതിയിലേക്ക് മനുഷ്യരെ കൊണ്ട് ചാടിക്കാം അത് ഒരു വേറെ അതിശയിക്കാനുള്ള ഒരു ബ്രെയിൻ മെക്കാനിസമാണ് അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിന് പ്രത്യേകിച്ച് ശങ്കരാചാര്യെന്ന് പറയുന്നത് പ്രമാണ വിചാരമാണ് ചെയ്തത് പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന പ്രമേയെക്കുറിച്ച് ശങ്കരാചാര്യ ചിന്ത അവിടെ യുക്തി എത്രമാത്രം സഹായിക്കുന്നു ഈ രണ്ടു കാര്യങ്ങളും അതാണ് ശങ്കരാചാര്യ വിജയമൃഗം എന്ന ആത്മാനുഭവം പ്രത്യക്ഷത്തിലുണ്ട് അതാണ് പറയുന്നത് സർവോഹി ആത്മാഅസ്തിത്വം പ്രഴ്ത്തേക്ക് എല്ലാവരും ആത്മാവിന്റെ അസ്തിത്വത്തെ അറിയുന്നു പ്രപഞ്ചത്തിൽ ബ്രഹ്മ അസ്തിത്വത്തെ വളരെ വിശദമായി പറയുന്നു ഗീതാഭാഷ അത് ഓരോ കാര്യം പറയുമ്പോഴും ചങ്കരാലയത്തിന്റെ ഉയുക്തി ഉപയോഗിച്ചതിനെ അത് വിചാരത്തിലൂടെ നിർണയിക്കേണ്ട ഒരു വിഷയമാണ് അവിടുത്തെ അറുപത് കൂടികൾ നിർണയമാണ് നിശ്ചയാത്മകമായ ജ്ഞാനമാണ് അതായത് ഞാനിപ്പോൾ എൻ്റെ ഉപയോഗിക്കുന്ന വസ്തു പുസ്തകം എന്നറിയണമെങ്കിൽ അത് എൻ്റെ നിരന്തരമായ പരിചയം കൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാകുന്ന ഈ ജ്ഞാനം എനിക്കൊരു പരിശ്രമം വേണ്ട നിശ്ചയാത്മകമായ ജ്ഞാനമാണ് പുസ്തകം എന്ന് പറഞ്ഞാണ് പക്ഷേ ഞാൻ ഈ പുസ്തകം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയത്തിലും പ്രത്യേകിച്ചൊരു നിശ്ചയാത്മകമായ ജ്ഞാനമില്ലാതെ അതിൻ്റെ സ്ഥാനത്ത് എൻ്റെ ഒരു ബ്രെയിൻ മെക്കാനിസത്തിലൂടെ ഞാനിതെല്ലാം ബോധമാണ് വലിയങ്ങനെ ഞാൻ അനുഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അറിവ് അനുഭൂതിയെന്നോ അനുഭവമൊന്നും എന്തുകൊണ്ടു അതല്ല അത് ഒരനുഭൂതിയാണ് അതെല്ലാം നിശ്ചയാത്മകമായി ജ്ഞാനം നിശ്ചയാത്മക ജ്ഞാനമാണെങ്കിൽ എനിക്ക് പുസ്തകത്തെ കാണുമ്പോൾ ഇത് പുസ്തകം തന്നെ ഞാൻ അറിയണം പിന്നെ അദ്വൈതത്തിൽ കൂടുതലായിട്ട് എന്ത് മനസ്സിലാക്കും ഇത് ഇതിന്റെ റിയാലിറ്റിയെ സംബന്ധിച്ചുള്ളതാണ് ഇത് പാരമാർത്ഥികമായൊരു സത്യമല്ല ഇത് എന്താണ് ബ്രഹ്മം എന്ന് പറയുന്ന പാരമാർത്ഥികമായ സത്യത്തിലുള്ള സ്വപ്നം പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇത്തരം വിവേകമാണ് അവിടെ ഉണ്ടാകുന്നത് രണ്ടും നിങ്ങളുടെ വ്യത്യാസം അവിടെ അതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളും അവിടെ നിങ്ങളുടെ പ്രതികരണത്തിൽ മാറ്റമൊന്നും വരുന്നില്ല പുസ്തകത്തെ പുസ്തകമായ അറിയുന്നു കൂട്ടിന് ചൂടായറിയുന്നു തണുപ്പിന് തണുപ്പായിരിക്കുന്നു അവിടെ ആ അനുഭവത്തിൽ വ്യത്യാസം മറിച്ച് നിങ്ങളുടെ അനുഭവത്തിൽ വരുന്ന എന്താണ് ഇതിന്റെ തത്വം എന്താണെന്നുള്ള കാര്യമാണ് അതിനൊക്കെ അനുഭവം എന്ന് അറിയുമ്പോൾ പറയും ഇവിടെ അതല്ല ഈ റിയാലിറ്റിയെ തന്നെ നിങ്ങൾ അറിയുന്നില്ല ശങ്കരാ പറയുന്ന വ്യവഹാരിക സെക്കുറിച്ച് നിന്ന് ബോധവാനാണ് ഇതിനെയാണ് ന്യൂറൽ സയൻസ് പറയുന്നത് ഡിഫ്യൂസ് എൻവയറൺമെന്റൽ അവയർനെസ് അതാണ് ഞാൻ പറഞ്ഞ ചിതറിയ പാരിസ്ഥിതിക എന്ന് പറയുന്നത് അപ്പൊ അവിടെ അറ്റൻഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതിന് ഇതായിട്ട് അറിയാൻ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതാനുഭവത്തിൽ നമ്മുടെ വ്യവഹാരത്തിൽ നമുക്ക് നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന്റെ അനുഭവം തന്നെയാണുള്ളത് ഇതാണ് സംഗ്രാചര്യ ആവർത്തിച്ചു പറയുന്നത് പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് നാമരൂപാത്മകമാണ് എന്തുകൊണ്ടതിന്റെ നാമനുഭവം എന്ന് പറയുന്നത് പരമാർത്ഥമാണ് അതുകൊണ്ട് അതിന്റെ നാമരൂപാത്മകമുണ്ട് അവിടെയാണ് അനന്യത്വയുക്തി എല്ലാം ഉപയോഗിക്കും വീണ്ടും വീണ്ടും ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിധികളാണ് എനിക്കുള്ളത് എന്നി പ്രത്യേക അലവൻസ് എന്തെങ്കിലും അനുവദിക്കണം കാരണം ഇന്നും ഓരോ കാര്യം വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു കൂലിയില്ലാത്ത പണിയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയാലാണ് ഏറ്റവും വലിയ പൂജി അതും ഇല്ല പിന്നെ വേറെ എന്തെങ്കിലും കൂലി കിട്ടിയാലേ മനസ്സിലാക്കി എങ്കിൽ അതും അറിയാതെ രണ്ടിനും ഇതിനുഭൂതി സ്വാനുഭൂതി പ്രകാശം എന്നൊരു പറഞ്ഞൊരു പുസ്തകം വിദ്യാഭ്യാസം നിശ്ചയാത്മക ജ്ഞാനം എന്ന് പറഞ്ഞ് മാറി അനുഭൂതിയിലേക്ക് എവിടെ പോകുന്നു അവിടെയെല്ലാം വാസത്തിന്റെയും മറ്റു സ്വാധീനമാണ് ഈ അനുഭൂതി അസംബന്ധമെന്ന് പറയുന്നത് ഈ അനുഭൂതി ശരിയാണോ വാസ്തവമാണോ പക്ഷെ അതിന് ശങ്കരാചാര്യരുടെ അദ്വൈതജ്ഞാനമായിട്ട് മിസ് എന്റർപ്രറ്റ് പ്രശ്നം അവിടെയാണ് പ്രശ്നം അതാ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇതല്ലെങ്കിൽ നാളെ ആരെങ്കിലും മനസ്സിലാവും ഉറപ്പായ കാര്യമാണ് ഇനി ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ച് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് ബോധമുണ്ടല്ലോ അത് മതി ജനങ്ങൾ അതിൽ മനസ്സിലാക്കി എന്താണ് വിശ്വസം എന്തല്ലാന്ന് അതിന്റെ പ്രോസസ്സിങ് ഞാൻ ആദ്യം പറഞ്ഞു മൂന്ന് സ്റ്റേജ് അതിൽ രണ്ടും മൂന്നും സ്റ്റേജ് സംഭവിക്കുന്ന ഒരു വളരെ ലൂസായൊരു പ്രോസസ് അതുകൊണ്ടാണ് നമുക്ക് ഈ അനുഭൂതിയുള്ളത് അല്ലെങ്കിൽ നമുക്കതിന് ജ്ഞാനൊന്നും അനുഭവമൊന്നും ജ്ഞാനം അനുഭവം അനുഭൂതി എന്ന് പറയുന്നത് ഒരേ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഈ പുസ്തകം എൻ്റെ ഒരു അതിന്റെ ഇന്റർപ്രിറ്റേഷനിലാണ് വ്യത്യാസം ഞാനിപ്പോൾ ഈ കാണുന്നത് പുസ്തകമായിട്ടാണെങ്കിൽ അതെന്റെ അറിവാണ് എന്റെ നിശ്ചയാത്മകമായ ജ്ഞാനമാണ് അത് ഇതനുസരിച്ചാണെങ്കിൽ വ്യാവഹാരികമായ സത്യജ്ഞാനമാണ് അല്ല എൻ്റെ സ്ത്രീ അറിവെന്ന് പറയുന്നത് അവിടെ വിഷയത്തെ ഗ്രഹിക്കാതെ കേവലം ബോധം കോൺഷ്യസ്നെസ് അവർനെസ് ഇങ്ങനെയൊന്നാണെങ്കിൽ അതിനെ നമുക്ക് പ്രത്യേക ഒരു പേർക്ക് വിളിക്കേണ്ടി വരും അതാണ് അനുഭവം അത് സാധാരണമല്ലുരുക്കം ചെലവർക്ക് മാത്രമേ ഉള്ളൂ സംക്രാചാദികളുടെ സർവോഹി ആത്മാഅസ്തിത്വം പ്രത്യേക എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ആത്മാവിന്റെ അസ്തിത്വത്തെ അറിയ എന്ന് പറയാൻ കഴിയില്ല അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന വിചാരം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇവർക്കിവിടെ അനുഭൂതിയിലെത്തി കഴിഞ്ഞില്ല അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു അനുഭൂതി ഉണ്ടാകില്ലെന്നോ അങ്ങനെന്താ പറയും അനുഭൂതി ഉണ്ടാകാം എന്തുകൊണ്ട് അത് ശരിയായ ജ്ഞാനത്തിൽ നിന്ന് അതി അനുഭൂതിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞു അതിനു നമുക്ക് അനുഭൂതി എന്ന് വിളിക്കാം അപ്പൊ അവരോട് വേർതിരിവ് വരും എനിക്ക് മാത്രമുള്ളത് നിങ്ങൾക്കില്ലാത്തതുമായൊരു പുസ്തകത്തിന്റെ അനുഭൂതി എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഒരുപോലല്ല അതുപോലെ നമുക്ക് രണ്ടുപേർക്കും തുല്യമാണ് ബ്രഹ്മ അസ്തിത്വം ഞാൻ അതുകൊണ്ടാണ് ചെയ്ത സർവോഹി സർവരും ലോകത്തോടെ ഒരുപാട് അറിയുന്നതായിരിക്കും എന്ന് പറയുന്നത് അപ്പൊ അനുഭൂതി ഇല്ലെന്നല്ല പറയുന്നത് അനുഭൂതി എന്ന് പറയുന്നത് പ്രത്യേകം ശങ്കരാചാര്യർ പറയുന്നത് അത് പ്രമാണജന്യമായൊരു ജ്ഞാനമല്ല ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് ബ്രെയിൻ മെക്കാനിസം ഏതാണ് വ്യത്യാസം തിരിച്ചറിയുന്നു പണ്ടതായി മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്ന വ്യവസായ അനുഭൂതിവാദികളൊന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല അനുഭൂതി ഒരാൾക്കുണ്ടായിരുന്നില്ല പ്രശ്നമൊന്നുമില്ല പക്ഷെ കൂടുതലും കൂടുതൽ പോയിട്ടത് ഞാൻ മുമ്പ് പറഞ്ഞേ ഡീ റിയലൈസേഷൻ എന്ന് പറയുന്നത് തുടർന്ന് നിന്നു കഴിഞ്ഞാൽ നേരത്തെ ഒരു ചെറിയ സൈക്കോതെറാപ്പിയുടെ ആവശ്യമില്ല അങ്ങനെയുള്ള വലിയ പ്രശ്നമൊന്നുമില്ല സി സി ടിക്ലിന്റെ ബിഹേവിയർ തെറാപ്പികൾ മാർഗം അയാളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന ഇത്രയുള്ള നിസ്സാരമായ കാര്യങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങൾ അനുഭൂതിയുള്ളത് Two, seven, I'm ready to start.